വാഹു സുബാനുഹുവ ചായാല മായിന് അവനല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ല അവൻ എന്നും ജീവിച്ചിരിക്കുന്നവനുമെല്ലാം നിയന്ത്രിക്കുന്നവനുമാകുന്നു മയക്കമോ ഉറക്കമോ അവനെ ബാധിക്കുകയില്ല ആകാശങ്ങളിലുള്ളതും ഭൂമിയിലുള്ളതുമെല്ലാം അവന്നുള്ളതാണ് അവൻറെ അനുമതിയല്ലാതെ അവൻറെ അടുക്കൽ ആർക്കാണ് ശുപാർശ ചെയ്യാൻ കഴിയുക അവരുടെ മുൻപിലുള്ളതും അവർക്ക് പിന്നിലുള്ളതും അവൻ അറിയുന്നു അവൻ ഉദ്ദേശിച്ചതല്ലാതെ അവൻറെ അറിവിൽ നിന്ന് യാതൊന്നും അവർക്ക് ഗ്രഹിക്കാൻ കഴിയില്ല അവന്റെ കുർസി ആകാശങ്ങളെയും ഭൂമിയേയും ഉൾക്കൊള്ളുന്നു അവയെ സംരക്ഷിക്കുന്നത് അവനൊട്ടും ഭാരമായി തോന്നുന്നില്ല അവൻ ഉന്നതനും മഹാനുമാകുന്നു